നാം നിങ്ങളുടെ കരാർ സ്വീകരിക്കുകയും നിങ്ങളുടെ മേൽ തൂർപർവ്വതം ഉയർത്തുകയും ചെയ്ത സന്ദർഭം ഓർക്കുക നാം നിങ്ങൾക്ക് നൽകിയത് ശക്തിയോടെ സ്വീകരിക്കുകയും കേൾക്കുകയും ചെയ്യുക അവർ പറഞ്ഞു ഞങ്ങൾ കേൾക്കുകയും അനുസരിക്കാതിരിക്കുകയും ചെയ്യുന്നു അവരുടെ കുഫ്രു കാരണം കിടാവിനോടുള്ള സ്നേഹം അവരുടെ ഹൃദയങ്ങളിൽ ആഴ്ന്നിറങ്ങി നിങ്ങൾ വിശ്വാസികളാണെങ്കിൽ നിങ്ങളുടെ ഈമാൻ നിങ്ങൾക്ക് കൽപ്പിക്കുന്നത് എത്ര മോശമാണെന്ന് പറയുക